ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ചാരിപ്പാനും ദൈവവചനത്തിൽ നിന്ന് ധാരാളമായിട്ട് കേൾപ്പാനും ദൈവം ഇടയാക്കിയല്ലോ എഫ് എസ് എൽ കെതി ലേഖന ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് പതിനേഴിൻ്റെ അവസാന ഭാഗം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദന ഇന്നതെന്നും അങ്ങനെ ആ അത് അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പത്തൊൻപത് അവസാനിക്കുമ്പോഴേ പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം ഹൃദയ ദൃഷ്ടി എന്താ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന് നമ്മളെ വിളിച്ചതിനൊരാശയുണ്ട് ആ ആശയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം നമ്മൾ ദൈവം നമ്മളെ എന്തിനാണ് വിളിച്ചത് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മളങ്ങ് മറന്നുപോകും ക്രിസ്തീയ ജീവിതം നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നു അപ്പോൾ തന്നെ ദൈവം നമ്മളെ പ്രത്യേകാൽ വിളിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് വിളിച്ചു നാം ആ കാര്യം കണ്ടു എഫ് എ സർക്കെതിയെ ലേഖനത്തിൽ അതിൻ്റെ നാലാമത്തെ അധ്യ നാ ഒന്നാമത്തെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ സഹോദരന് രാജീവ് വായിച്ചല്ലോ ലോകസ്ഥാനത്തിന് മുമ്പേ അവനെ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിനും നമ്മളെ കൃപാമഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിമിക്കുകയും ചെയ്തു അപ്പോൾ ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് ഒരു ഹിതമുണ്ട് ഹിതമുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആൽബർട്ട് ഐസ്റ്റീനെ പോലെ തന്നെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്സ് മരിച്ചത് അപ്പോൾ അദ്ദേഹത്തെ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് ഈ പ്രപഞ്ചം ഇങ്ങനെയങ്ങ് ഉണ്ടായി അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു സത്യത്തിൽ അത് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പണ്ടൊരു വിശ്വാസിയെക്കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കഥ ഒരു ഒരു വിശ്വാസിയായ ഒരു സഹോരൻ പാവപ്പെട്ട സഹോരൻ നാലാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ ഒരു ചായക്കടയിൽ നാട്ടിൻപുറത്തൊക്കെ ഈ ചായക്കടകളാണ് ഒരു ചായ കുടിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരിടം അവിടെ ഇരുന്ന് ഓരോരുത്തരൊക്കെ വലിയ വലിയ കാര്യങ്ങളന്ന് പത്രത്തിൽ വന്നതും വലിയ ശാസ്ത്രജ്ഞൻ അത് കണ്ടുപിടിച്ചെന്നും ഇത് കണ്ടുപിടിച്ചെന്നും ഒക്കെ പറഞ്ഞപ്പം ഈ പാവപ്പെട്ട വിശ്വാസി പറഞ്ഞു നേക്കാർക്കും അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ ഞാനും ഒരു വലിയ കണ്ടുപിടുത്തക്കാരനാണെന്ന് പറഞ്ഞു ആ എല്ലാവരും കൂടെ ചിരിച്ചു താനെന്താണോ കണ്ടുപിടിച്ചത് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടത് ഞാനൊരു വലിയ കണ്ടുപിടുത്തക്കാരനാണെന്ന് പറഞ്ഞു ആളുകളെല്ലാം കൂടെ ചിരിച്ചു വൻ സാധു അവൻ പറയും അവനെ ഏതാണ്ടാ കണ്ടുപിടിച്ചെന്ന് ഏ നീ എന്താ കണ്ടുപിടിച്ചത് എന്നാളുകൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം കണ്ടുപിടിച്ചു അതൊരു കൊച്ചു കാര്യമാണ് സ്റ്റീഫൻ ഹോക്കിങ്സിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കണ്ടുപിടിക്കുക അദ്ദേഹം വലിയ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നമ്മെ നോക്കാൻ എന്താ എന്താ ദൈവത്തിന് ഈ ഒരു പൊടി പോലുള്ള നമ്മളെ സ്നേഹിക്കാനും നമ്മെ കരുതാനും നമ്മെ തിരഞ്ഞെടുക്കാനുമുള്ള കാരണമെന്താ കാരണം സത്യം പറഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാ കാര്യം ദൈവവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊന്നുമില്ല ഒരു പൊടി പോലും അത്രയ്ക്കുള്ള പ്രാധാന്യം പോലുമില്ല ഈ രാത്രിയിലൊക്കെ നിങ്ങൾ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുമോ ഇപ്പോഴത്തെ കാലത്ത് രാത്രിയിലൊന്നും വെളിയിലൊന്നും ഇറങ്ങി ആകാശത്തൊന്നും നോക്കില്ല ഇടയ്ക്കൊന്ന് ആകാശത്തൊക്കെ നോക്കണം ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ നോക്കുകയും തന്നെ തന്നെ ചിലതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് എത്ര എത്ര വലുതാണ് എത്ര വലുതാണ് അവിടെ ഈ അനന്തകോടി നക്ഷത്രങ്ങൾ ഈ അനന്തകോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ ആ സൂര്യനെ ചുറ്റിയുള്ള ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി ആ ഭൂമിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് കേരളത്തിൻ്റെ ഈ നടുക്ക് കോണിൽ ഒരിടത്ത് ഞാൻ നീയുമായിരിക്കുന്നു നമുക്ക് ഈ ഈ മൊത്തം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ വലിയ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ സ്ഥാനം എന്താ നമ്മളെ എന്തിന് ദൈവം സ്നേഹിക്കണം ദൈവം എന്തിന് നമ്മളെ കരുതണം ഒരു കാര്യവും നമ്മൾക്ക് കാണുന്നില്ല അതുകൊണ്ടാണ് ഒരു ദൈവഭൃത്യം പറഞ്ഞു ഞാൻ ഒരിക്കൽ നിത്യതേ ചെല്ലും ഞാൻ നിത്യതേ ചെല്ലും നിത്യതേ ചെന്ന് അവിടെ ആയിരിക്കുമ്പം ഞാൻ നിത്യകാലം നിത്യകാലം ഇറ്റേണൽ ലൈഫാണ് ഏ എവർലാസ്റ്റിംഗ് അവസാനമില്ലാത്ത നിത്യകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും ദൈവം എന്നെ സ്നേഹിച്ചത് ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ ഒരു കൊച്ചറിവ് കൊണ്ടോ കുറച്ച് സമയം കൊണ്ടോ നമ്മൾ ചിന്തിച്ചാൽ പോലും മനസ്സിലാകുകയില്ല അദ്ദേഹം പറഞ്ഞത് നിത്യകാലം മുഴുവൻ ചിന്തിച്ചാലും നമുക്കൊട്ടും മനസ്സിലാകാനും പോകുന്നില്ല പക്ഷേ ആ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു ഒരാൾക്കേലും നമ്മളെ സ്നേഹിക്കാൻ തോന്നുമോ നമ്മുടെ കയ്യിലിരിപ്പും നമ്മുടെ പെരുമാറ്റവും കണ്ടാൽ നമ്മളെ സ്നേഹിക്കുമോ ഇല്ല എന്നാലും ആ ചായക്കടയിലിരുന്ന് പറഞ്ഞ ദൈവഹൃത്യം പറഞ്ഞ പോലെ നമ്മളൊരു കണ്ടുപിടുത്തക്കാരാ ഈ വലിയ ദൈവം ഈ പ്രപഞ്ചത്തിന് മുൻപിൽ പിന്നിലുള്ള മഹാശക്തി എന്നെ നിന്നെ സ്നേഹിച്ചു ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു എന്നൊക്കെ ഉള്ളതൊരു കണ്ടുപിടുത്തം തന്നെയാണ് പ്രിയപ്പെട്ടവർ നമുക്കത് കാലാകാലങ്ങളിൽ കണ്ടെത്താൻ ദൈവം കൃപ തന്നു നമ്മളിവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കൊച്ചാൾ പക്ഷേ അദ്ദേഹവും ദൈവത്തിൻ്റെ മുമ്പാകെ വിലപ്പെട്ട ആളാണ് ആ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടെത്താനുള്ള ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർ ഒരാളാണ് അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാറ്റസ് അങ്ങനെ ഇരിക്കത്തന്നെ ദൈവം എന്താ നമ്മളെക്കുറിച്ച് അങ്ങനെ മുൻനിയമിച്ചതും തിരുഹൃദത്തിൻ്റെ പ്രസാദപ്രകാരം നമ്മളെ ദത്തെടുത്തതും നമ്മളെ മുൻനിയമിച്ചതും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് വേണം നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് കാണണം ഈ ക്രിസ്തീയതയോടെ അടുത്ത് വരുമ്പോൾ പലരും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്താണ് ഭൗതികമായ പല കാര്യങ്ങൾ ഇന്ന് പറയാറുണ്ടല്ലോ നീ ഇന്ന് കൊച്ചു വീടാണെങ്കിൽ ഒരു രണ്ട് നിലയുള്ള വീട് അതങ്ങ് സ്വപ്നം കാണും സ്വപ്നം കാണും അത് കാണാനാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതെന്നാണ് ചിലർ പറയുന്നത് നീ ഒരു സൈക്കിളയിലായിപ്പം ഓഫീസിൽ പോകുന്നത് നീ അത് വിട്ടേച്ച് ഒരു ഇമ്പാല കാർ അങ്ങ് സ്വപ്നം കാണും ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ പക്ഷേ ഇവിടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്ന കാര്യം അതാണോ പറഞ്ഞത് അതൊക്കെ എന്താ നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കൊച്ചു കാലഘട്ടത്തിൽ ഒരു നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ അതിനെയാണോ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കാണേണ്ടത് അല്ല ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കാണേണ്ടത് ഈ വലിയവനായ ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മളെ മുൻ നിയമിച്ച് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുമ്പം ഞാൻ എന്ത് വേണം ഞാന് തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടായിത്തീരണം അത് അതിനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചത് ആ കാര്യം കാണാനായിട്ട് നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം അങ്ങനെ പ്രകാശിച്ച് കഴിയുമ്പോൾ നമ്മളെന്താ നമ്മൾ ഈ ലോകത്തുള്ള ആളുകൾ കാര്യങ്ങളെ കാണുന്നത് പോലെയല്ല കാണുന്നത് രാജീവ് ഒരു കാര്യം പറഞ്ഞല്ലോ നമ്മൾ വഴിയെ പോകുന്നു അല്ലെ ബസേ കയറുന്നു ആ എന്തെങ്കിലും നമ്മുടേതല്ലാത്ത ഒരു കുറ്റത്തിന് നമ്മളോടൊരാൾ ക്ഷോഭിക്കുന്നു ക്ഷോഭിക്കുന്നു കണ്ടക്ടർ പറയുന്നു ആഹ് അഞ്ച് രൂപയുടെ യാത്ര ചെയ്യുന്നിടത്ത് നൂറ് രൂപയൊക്കെയാണോ തരുന്നത് ഇങ്ങനെയൊക്കെ ചില ആളുകൾ ഇറങ്ങിക്കുകയുള്ളൂ നമ്മളൊരു തെറ്റും ചെയ്തില്ല സർക്കാർ അടിച്ചാൽ നൂറ് എൻ്റെ കയ്യിലുള്ളായിരുന്നു പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ ഞാൻ നൂറ് രൂപ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ കണ്ടക്ടറുടെ ചുമതലയാണ് ബാക്കി തരേണ്ടത് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ല പക്ഷേ അദ്ദേഹം നമ്മളോട് ക്ഷോഭിക്കുക നമ്മളേതാണ്ടോ തെറ്റ് ചെയ്ത പോലെയോ ഏതാണ്ട് കാര്യം നമുക്ക് നമ്മുടേതല്ലാത്ത കാരണത്താൽ ഇന്നിപ്പോൾ മാറ്റിമോണിയിൽ പരസ്യങ്ങളിൽ മാത്രമാണ് എൻ്റേതല്ലാത്ത കാരണത്താലെന്ന് കാണും എന്നാൽ നമ്മുടേതല്ലാത്ത കാരണത്താൽ ആളുകൾ നമ്മളോട് ക്ഷോഭിക്കുന്നു വഴി വെച്ച് ക്ഷോഭിക്കുന്നു ഓഫീസിച്ച് ക്ഷോഭിക്കുന്നു വീട്ടിൽ നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ തെറ്റിദ്ധരിക്കുന്നു സഭയിൽ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് മറ്റൊരു കാര്യം പറയും ഇതെല്ലാം നടക്കുന്നു ഇതെല്ലാം നടക്കുന്നു പക്ഷേ രാജീവ് പറഞ്ഞെന്താ അങ്ങനെയൊക്കെ നടന്നാലും തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എന്നുള്ള ലക്ഷ്യത്തിനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചേക്കുന്നതെങ്കിൽ ഈ ആൾ എന്നെക്കുറിച്ച് പറഞ്ഞ ആ തെറ്റായ കാര്യങ്ങളോ വല്ലോ അതിനെ ഏതെങ്കിലും നിലയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല അഫക്റ്റ് ചെയ്യുന്നില്ല എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഞാൻ ദൈവമേ ഈ കാലഘട്ടത്തിൽ നിൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായിട്ട് ഞാനായിരിക്കാൻ നീ വിളിച്ചിരിക്കുന്നു ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിച്ചാലും ആ എയിമിനെ എന്തു ചെയ്യേല അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നില്ല അതിനെ ഇല്ലാതാക്കുന്നില്ല പക്ഷേ അങ്ങനെ രംഗം വരുമ്പം നമുക്ക് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഈ സാഹചര്യത്തിൽ ഞാൻ അവിടുത്തെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ദൈവനെ വിളിച്ചതെന്ന് കാണാതെ നമ്മൾ ഈ ആളിനോട് തട്ടിക്കേറുകയും അയാളോട് അയാളോട് പകരത്തിന് പകരം സംസാരിക്കുകയും ഹൃദയത്തിൽ കയ്പ്പ് നിറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റിപ്പോയി നമ്മൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് അല്ലാതായിപ്പോയി പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മൾ കാണേണ്ടത് എന്താ ദൈവം വിളിച്ചിട്ട് വിളിച്ചത് ഇവിടെ ഈ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ഞാൻ തീരണം വ്യക്തിപരമായ നമ്മുടെ ജീവിതം അങ്ങനെ ആകണം വ്യക്തിപരമായ ജീവിതം ഇതൊക്കെ നമ്മൾ ചില ആശയങ്ങൾ പറയലല്ല ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ലോകത്തിലവരായിരിക്കുമ്പം ലോകത്തിലെല്ലാവരും നേട്ടങ്ങൾ കൊയ്യാനായിട്ടാണല്ലോ ജീവിക്കുന്നു അങ്ങനെ ഇരിക്കെ ഈ ആൾ കർത്താവിനെ അറിഞ്ഞു കർത്താവിനെ അറിഞ്ഞു ഒരു സഭയിലേക്ക് വന്നു സഭയിലേക്ക് വന്നു കഴിയുമ്പോഴും ചിലരുടെ യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം ഉണ്ടാകാത്തത് കൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങളും അതിൻ്റെ മൂല്യബോധവും തന്നെ സഭയിലും കൊണ്ടുവരാം ഞാൻ പറയുന്നത് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം നമ്മൾ നമ്മൾ മാനസാന്തരം അല്ലെങ്കിൽ ദൈവത്തിനായിട്ട് ജീവിക്കുക ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം എന്ന പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്രിസ്തീയതയിലേക്ക് വരുന്നതിൻ്റെ ആദ്യ പടി അതാ അവിടെ അപ്പോസല പ്രവർത്തിയിലായാലും ഒക്കെ അപ്പോസലന്മാർ പറയുന്നത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരമാണ് അവർ പ്രസംഗിച്ചത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരമെന്ന് പറയുമ്പോൾ ഈ ലോകം പോകുന്ന ഒരു മാർഗമുണ്ട് ആ ലോകം പോകുന്ന മാർഗം എന്താ എനിക്ക് നേട്ടം എൻ്റെ കാര്യം എൻ്റെ സ്വാർത്ഥത എനിക്ക് എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും മുമ്പിൽ വരണം ഈ ഒരു കാര്യത്തിനായിട്ടാണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത് അങ്ങനെ പോകുമ്പം മാനസാന്തരപ്പെട്ട ഒരുവൻ എന്ത് വേണം ആ പോക്കിൽ നിന്ന് തിരിഞ്ഞ് നൂറ്റൻപത് ഡിഗ്രി തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയണം ഇന്നത്തരം മാനസാന്തരങ്ങൾ നടക്കുന്നുണ്ടോ ഇന്നത്തെ മാനസാന്തരങ്ങൾ താരതമ്യേനെ കുറവാണ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന പലരും ആ ഈ നിലയിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ദിശയിൽ ഒരു മാറ്റം വന്നിട്ടില്ല അവർ ലോകത്തിലായിരുന്നപ്പം ലോകത്തിലായിരുന്നപ്പം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നടന്നത് എന്നിട്ട് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞൊരു സഭയിൽ വരുമ്പോഴും അവിടെയും അവർ സ്വന്തം നേട്ടമാണ് അന്വേഷിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം നടന്നിട്ടില്ല യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം ദൈവത്തെങ്കിലേക്കൊരു തിരിവാണ് ദൈവത്തെങ്കിലേക്കുള്ള തിരുവെന്ന് പറയുമ്പോൾ എന്താ അത് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന ഒരു കാര്യമല്ല മറിച്ച് താഴോട്ട് വരുന്ന ഒരു കാര്യം അങ്ങനെയാണ് നമ്മളെ കർത്താവിനെക്കുറിച്ചാണ് കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിയർ കരുതിയ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായത്തിൽ രണ്ടാമധ്യായത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അഞ്ചാമത്തെ വാക്യം മുതൽ രണ്ടിൻ്റെ അഞ്ച് മുതൽ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു ഈ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് കർത്താവ് എന്തായിരുന്നു കർത്താവ് അവന് ഉന്നതത്തിലിരിക്കെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ച് സ്വർഗത്തിലങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു എന്നാൽ കർത്താവ് താഴ്ത്തി താഴ്മയെക്കുറിച്ച് പറയുമ്പം കർത്താവ് താഴേക്ക് താഴേക്ക് താഴേക്ക് വന്നു ഈ ലോകമിന്ന് പോകുന്ന ലക്ഷ്യമെന്താ ലോകമിന്ന് പോകുന്ന ലക്ഷ്യം ആ മുകളിലേക്ക് മുകളിലേക്ക് എനിക്ക് അത് നേടണം ഇത് വേണം ഇത് വേണം അങ്ങനെ ഒരു മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന ഒരു ലക്ഷ്യം വന്നപ്പം കർത്താവിത അതിന് നേരെ വിപരീതമായ ഒരു ദിശയിലേക്കാണ് കർത്താവിൻ്റെ രക്ഷയെ കൊണ്ടുവന്നേക്കുന്നത് എന്നിട്ട് നമ്മളോട് പറയുന്നു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് ക്രിസ്തുവിലേക്കൊരു മാനസാന്തരം ഉണ്ടായാൽ ദൈവം കൊണ്ടുവന്ന കർത്താവ് കൊണ്ടുവന്ന ഈ വഴി താഴേക്ക് താഴേക്ക് പോവുക തനിക്കായിട്ട് നേട്ടങ്ങൾക്കായിട്ട് പോകാതെ തൻ്റെ സ്വാർത്ഥതയെ തള്ളിക്കളഞ്ഞ് ആ നിലയിൽ കർത്താവ് പോയ ആ വഴി ദൈവത്തെങ്കിലേക്കുള്ള ഒരു യഥാർത്ഥ മാനസാന്തരം നടന്നാൽ അവിടെ അതാ അതിനു പകരം അതിനു ആ താഴ്മയിൽ വരാതെ അതിൻ്റെ മൂന്നാമത്തെ വാക്യം കണ്ടോ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ താഴ്മയ്ക്ക് നേരെ എതിരായ രണ്ട് കാര്യങ്ങൾ ആ മുകളിൽ പറഞ്ഞത് ശാഠ്യമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ വേണ്ടത്ര ഇങ്ങോട്ട് വ്യക്തമാകുകയില്ല സെൽഫിഷ് അംബീഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് സ്വാർത്ഥപരമായ താല്പര്യം ശാഠ്യമെന്ന് പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് കൃത്യമായ ഇത് വന്നില്ല സ്വാർത്ഥപരമായ ആഗ്രഹം അഭിലാഷം ദുരഭിമാനം വെയിൻ ഗ്ലോറി പ്രൈഡ് ഇത് വന്നാൽ കർത്താവ് പോയ വഴിയല്ല കർത്താവ് പോയ വഴി എന്താ താഴ്മയുടെ വഴിയാണ് ഈ താഴ്മയുടെ വഴിക്ക് പകരം ഓ എനിക്ക് മാനസാന്തരമുണ്ടായി ഞാൻ ഇന്ന് സഭയിലായിരിക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മുടെ അന്വേഷണം വലിയ വലിയ വലിയ കാര്യങ്ങളിലേക്കാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് പലപ്പോഴും പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ വിളിയാലുള്ള ആശ അല്ലെങ്കിൽ അത് തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി പലപ്പോഴും തീരുകയില്ല ഞാൻ സഭയിൽ പലവരെയും കണ്ടിട്ടുണ്ട് പല ആളുകൾ അവർ വരുമ്പോൾ അവർ ലോകത്തിൽ അവരൊരിടത്ത് ചെന്നാൽ അവിടെ നേട്ടമാണ് അവരന്വേഷിക്കുന്നത് സഭയിൽ വരുമ്പോഴും അവിടെ നേട്ടമാണ് അന്വേഷിക്കുന്നത് എങ്കിൽ നേട്ടമെന്ന് ഞാൻ പറയുമ്പോൾ എവിടെയും ശ്രദ്ധാകേന്ദ്രമാകുക അവർ നോക്കുമ്പോൾ ആ സാഖ് പിന്ന് ഈ ബ്രദറെ കയറി നിന്ന് പ്രസംഗിക്കുന്നു ഏ അതെല്ലാം നടക്കുന്നു അദ്ദേഹത്തെ എല്ലാവരെയും ബഹുമാനിക്കുന്നു ശരി ശരി ശരി നാളെ എനിക്കും ആ നിലയിൽ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം ചില പോയിൻ്റുകളെല്ലാം നോക്കി ചില നോട്ടെല്ലാം കുറിച്ച് ഈ നിലയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നമുക്കും ഒരു സാഗ് പിന്നനെ പോലെ ആകാമോക്കും ഇങ്ങനെയാണോ നമ്മുടെ അന്വേഷണം പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും നമ്മുടേതായ ഒരു കോളിങ്ങുണ്ട് നമുക്കൊരു വിളിയുണ്ട് ആ വിളിക്കകത്ത് നിന്നാൽ നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്ത് എനിക്ക് ആ നിലയിലാകണം ആ നിലയിലാകണം അതിനെന്താ വഴി എന്നുള്ള ഒരു അന്വേഷണമാണെങ്കിൽ സഭയിലാണെങ്കിലും നമ്മൾ ഈ മാനസാന്തരത്തിൻ്റെ വഴിയിലല്ല മറിച്ച് ലോകത്തിൻ്റെ ആ മൂല്യബോധമാണ് ലോകത്തിൻ്റെ അന്വേഷണമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത് സത്യത്തെ നമുക്ക് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ളവരാണ് എല്ലാവർക്കും ഉള്ള സൗകര്യങ്ങൾ ഒരേപോലെയല്ല ഒരു പാവപ്പെട്ട സഹോദരി പാവപ്പെട്ട സഹോദരി അവൾ മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നു അവൾക്ക് വീട്ടിൽ അധ്വാനങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ഭക്ഷണം ഉണ്ടാക്കണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം ഇതിൻ്റെ എല്ലാം ഇടയിൽ അവൾക്ക് വേണ്ടതുപോലെ ദൈവോജനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ പോലും സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു സഹോദരി താനെ സഭയിൽ വന്ന് ഇരുന്നേച്ച് വിചാരിക്കുക ആ ബ്രദർ എന്തോ പ്രസംഗിക്കുന്നു എനിക്ക് എനിക്കതിനൊരവസരമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അതാണോ അവളെക്കുറിച്ച് ഉദ്ദേശിച്ചേക്കുന്നത് അവളുടെ വിളിയിൽ അവൾക്കൊരാ ദൈവത്തിൻ്റെ ഒരാശയമുണ്ട് എന്താ അവളെ ആക്കിയെടുത്ത് ാക്കിയ സ്ഥലത്ത് അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടായിരിക്കണം എങ്ങനെ ആയിരിക്കാൻ കഴിയും അവിടെ എങ്ങനെ ആയിരിക്കാൻ കഴിയും ആ നമ്മൾ വായിച്ചു ഒന്ന് കൊരിത്തിയ പതിമൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മളെന്താ വായിച്ചത് സ്നേഹത്തെക്കുറിച്ച് അധ്യായം മുഴുവൻ നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ സത്യത്തിൽ ഒരു കാര്യം അന്വേഷിച്ചാൽ മതി സ്നേഹം സ്നേഹം സ്നേഹം അതിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് കൊർ പതിമൂന്നിൻ പന്ത്രണ്ടിൻ്റെ ഒടുവിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എല്ലാവരും വ്യാഖ്യാനിക്കുക ശ്രേഷ്ഠവരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യം അത്ഭുത പ്രവർത്തികൾ മേളിൽ അപ്പോസ്തലൻ പ്രവാചകൻ രോഗശാന്തിയുടെ വരം വീര്യപ്രവർത്തികൾ ഭാഷാവരം കണ്ടോ ശ്രേഷ്ഠവരം ഇതെല്ലാം ഇങ്ങനെ പറയുക ഇതെല്ലാം കണ്ടേച്ച് നമ്മൾ വിചാരിക്കുക ഇതെല്ലാം ആ നമ്മളും കണ്ടോ ഇന്ന ആൾക്ക് ഇതെല്ലാമുണ്ട് നമ്മളും ആ നിലയിലാകണമെന്ന് വിചാരിച്ച് അതിനായിട്ടല്ല നമ്മളെ അന്വേഷിക്കേണ്ടത് ഇതെല്ലാം പറഞ്ഞേച്ച് ഇതാ പൗലോസ് പറയുന്നു ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താ ഈ സ്നേഹത്തിൻ്റെ വഴി ഞാൻ മുമ്പേ പറഞ്ഞ ആ സഹോദരിക്കും അവളുടെ അവളുടെ ചെറിയ വൃത്തത്തിൽ അവൾക്ക് എക്സസൈസ് ചെയ്യാൻ ഒക്കും ഈ സഹോദരൻ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന സഹോദരൻ അവൻ്റെ വൃത്തത്തിൽ ഈ സ്നേഹം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ എന്തായി പോകും അവൻ്റെ വിളിയാലുള്ള ആശ നടന്നില്ല പ്രിയപ്പെട്ടവര് ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മളെ ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടാകും ഏ നമ്മൾ സ്വർഗത്തിലുണ്ടാകുമെന്ന് വിചാരിച്ച പലരും അവിടെ കാണുകയില്ല ഇല്ലെന്ന് വിചാരിച്ച പലരും അവിടെ കാണും ഈ പാവപ്പെട്ട ഞാൻ തന്നെ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ അത്ഭുതം ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് നമ്മൾ സ്വർഗത്തിൽ നിത്യതെ ചെല്ലുമ്പം നമുക്കൊത്തിരി ഷോക്ക് ഉണ്ടാകും എന്നു വെച്ചാൽ ഏഹ് നമ്മളിവിടെ പുൽപ്പിറ്റി നിന്ന് പ്രസംഗിക്കുന്ന ഈ സഹോദരൻ ഓ ഇദ്ദേഹത്തിനവിടെ ഏതാണ്ടോ വലിയ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒന്നാം സ്ഥാനം ഇദ്ദേഹത്തിനാണ് എന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല കാരണം അദ്ദേഹത്തെ ഏർപ്പെടുത്തിയടത്ത് അദ്ദേഹത്തിൻ്റെ അന്വേഷണ സ്നേഹമായിരുന്നോ അതോ വെയിൻ ഗ്ലോറി ആയിരുന്നു ദുരഭിമാനം ഇതീ കൂടെല്ലാം പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ ഏ ചില കണ്ടിട്ടില്ലേ ചില വെയിൻ ഗ്ലോറി എന്താ ഇത് എത്ര നാളുണ്ട് നമ്മളിതെല്ലാം ഈ ഈയിടെ സൗരന്മാർ പറഞ്ഞു ഇതെല്ലാം ബ്രതറാ ഇതീ പിടിക്കണം ശരി പിടിച്ചു ഇതെല്ലാം പിടിച്ചു നമ്മുടെ വിചാരം ഇത് ആ ജീവനാന്തകാലം ഇരിക്കുമെന്നാന്ന് ഇത് എത്ര പേര് കേൾക്കുന്നു ഇതിനൊക്കെ ഇത്രയ്ക്ക് ഇത്ര ആയുസേ ഉള്ളൂ നമ്മളിതൊന്നും നമ്മുടെ തലയ്ക്ക് പിടിക്കല്ലേ നമ്മുടെ തലയ്ക്ക് പിടിച്ച് ഞാൻ ഏതാണ്ടോ ഈ കാലഘട്ടത്തിലെ കർത്താവിൻ്റെ പ്രത്യേകമായ അപ്പോസലിനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് നമ്മുടെ ഒരു വൃത്തത്തിൽ ആളുകളോട് അസൂയി മറ്റൊരാളോട് ഒരു ആ നിലയിൽ ഒരു മത്സരം ഒക്കെ വന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുൽപ്പറ്റി നിൽക്കുന്ന ആളവിടെ ചെല്ലുമ്പോൾ നിത്യത്തെ ചെല്ലുമ്പോൾ എന്ത് കിട്ടും അദ്ദേഹത്തിനവിടെ ഒടുവിലത്തെ സ്ഥാനം ദൈവത്തിൻ്റെ കരുണയാൽ ഒരുപക്ഷെ നിത്യത നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലും സ്വർഗത്തിൽ അങ്ങനെ ചിലരെ കുറിച്ച് പറയുന്നുണ്ട് ഞാനിതൊക്കെ സങ്കല്പിക്കുന്നതല്ല എന്താ ചിലരെ നിത്യലജ്ജയ്ക്കായും യോഹനങ്ങനെ പറഞ്ഞു ഓ എന്നു വെച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലായു ചിലരെ എന്തിനാ ചിലരവിടെ ചെല്ലുമ്പോൾ എന്താ നിത്യലജ്ജയാണ് നിത്യലജ്ജെന്ന് വച്ചാൽ ഇവിടെ വെച്ച് അവർ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരാണെന്നൊക്കെ സമൂഹം കരുതി പക്ഷേ അവിടെ ചെല്ലുമ്പം നിത്യതയുടെ വെളിച്ചത്തിൽ ഇദ്ദേഹത്തിൻ്റെ പൊള്ളത്തരം വെളിവായി കഴിയുമ്പം ഇദ്ദേഹം ലജ്ജിച്ചൊരു മൂലയ്ക്ക് പോയിരിക്കുക എന്നിട്ട് ആ ലജ്ജ എത്ര കാലം നിൽക്കും നിത്യതയാണ് നിത്യകാലം ലജ്ജിച്ചോടിയിരിക്കും അദ്ദേഹം വിചാരിക്കും എൻ്റെ ദപുനെ ഈ നിത്യതയൊന്നു മാറി ഒരു പത്ത് കൊല്ലം ഒരു നൂറ് കൊല്ലം കഴിഞ്ഞേച്ച് എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ഇല്ല ഇല്ല ഇല്ല നിത്യകാലം ലജ്ജയ്ക്കായിട്ട് ചിലരെ അങ്ങനെ ആവശ്യക്കുന്നത് ഈ നിത്യലജ്ജ വരാതിരിക്കണമെങ്കിൽ എന്തോ വേണം പുൽപ്പിറ്റ് നിൽക്കുന്ന സഹോദരം വിചാരിക്കണം എനിക്കിവിടെ മത്സരമില്ല ഇതിൻ്റെ അകത്തൊരു വെയിൻ ഗ്ലോറി ഇല്ല ദുരഭിമാനമില്ല ഒരു സെൽഫിഷ് അംബീഷൻ ഇല്ല മറിച്ച് എന്നെ ആക്കി വച്ചിരിക്കുന്ന വൃത്തത്തിൽ സ്നേഹം നീ ഒരു കാര്യം പിടിച്ചാൽ മതി അതെന്താ സ്നേഹം നമ്മൾ മുമ്പേ പറഞ്ഞ സഹോദരിയുടെ കാര്യം പറയാം അവൾ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് അവൾ കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവളുടെ ഒരു ചെറിയ വൃത്തം ആ വൃത്തത്തിലും അവൾ അന്വേഷിക്കേണ്ടത് എന്താ അവള് ആ സ്നേഹം അതിശ്രേഷ്ഠമായ ഒരു മാർഗ്ഗം അതാണ് അന്വേഷിക്കേണ്ടത് അതിനു പകരം അവിടെ നിൽക്കുമ്പം അവിടെ നിൽക്കുമ്പം എനിക്കത് കിട്ടിയില്ല എനിക്ക് എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി എന്നെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവ് ഈ മൂന്ന് പിള്ളേർ ഇവരെയും കൊണ്ട് ഞാൻ തോറ്റുമറ്റതാണ് മറിച്ചതാണ് അങ്ങനെ വല്ലതും ഒന്ന് പറഞ്ഞു പോകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് ജീവിതം ദുഷ്കരമാക്കി തീർത്ത ആളുകളോട് അസൂയപ്പെടുകയും കയ്പ്പ് വരികയും പക വരികയും സ്നേഹത്തിൻ്റെ അന്വേഷണം ഇല്ലാതാകുകയും ചെയ്താൽ ആ സഹോദരിക്കും അവിടെ ചെല്ലുമ്പോൾ എന്തു പറ്റും നിത്യലജ്ജയാകാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അതുകൊണ്ട് ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണേ നമ്മളെ വിളിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷേ നമ്മൾ വിളിക്കൊത്തവണ്ണം നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നിത്യലജ്ജയായിപ്പോയാൽ ഓക്കെ ഇതെല്ലാം പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ആളുകൾ പറയും ദൈവം അവർക്ക് ഒരു സാഹചര്യം കൊടുത്തല്ലോ ഇപ്പോൾ സാഗ് ബറിനെക്കുറിച്ച് ബ്രദറ് പറഞ്ഞു ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അദ്ദേഹത്തെ വിളിച്ചു ഈ കാര്യത്തിനായിട്ട് മുന്നിൽ നിർത്തി അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയായിരിക്കുന്നു നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ വന്നത് നമുക്കത്രയും സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മളൊരു വീടിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ എടുത്ത് ജീവിച്ചു ഇങ്ങനെയൊക്കെ ജീവിച്ചു പക്ഷേ നിത്യതെ ചെല്ലുമ്പോഴോ നിത്യതെ ചെല്ലുമ്പം പിന്നെ ഒരു ഷോക്ക് നമ്മളെ കാത്തിരിക്കും നിങ്ങളത് കണ്ടിട്ടുണ്ടോ മൊത്തം എഴുതിയ സുവിശേഷത്തിലാണ് നമ്മളത് കണ്ട് കാണുന്നത് മൊത്തം എഴുതിയ സുവിശേഷം അതിൻ്റെ പത്താമധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ നമ്മളൊരു പുതിയ വെളിച്ചത്തിൽ അതിനെ കാണണേ നിങ്ങളെ കൈക്കൊള്ളുന്നവന് എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവന് എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകനെന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്നുവച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യനെന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവനെ കണ്ടോ ഇതെന്താ പറയുന്നത് നമ്മളെ ഒരു പ്രവാചകനായിട്ട് വിളിച്ചില്ല അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് ശരി പക്ഷേ നമ്മുടെ കാലഘട്ടത്തിലെ ഒരു പ്രവാചകനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകനെ കൈക്കൊണ്ടവൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണോ അങ്ങനല്ല പ്രവാചകൻ്റെ പ്രതിഫലം ആ ആളിനും കൊടുക്കുമെന്ന് അയ്യു ദൈവത്തിന് നീതിബോധമില്ലേ അങ്ങനെ ചെയ്യാമോ ഇതാണ് നിത്യതയെ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു ഷോക്ക് പ്രിയപ്പെട്ടവർ ഇത് കണ്ടാൽ നമ്മൾ പ്രവാചകനാകാനുള്ള അന്വേഷണം നമ്മൾ നിർത്തും എന്നിട്ട് എന്ത് മതി ഇത് ആക്സെപ്റ്റ് ചെയ്താൽ മതി പ്രവാചകനെ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചാൽ മതി ശിഷ്യന് വെള്ളം കൊടുത്താൽ മതി കണ്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ദൈവത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ഈ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ അന്യോന്യം അസൂയപ്പെടുകയോ പോരിനെ വിളിക്കുകയോ ഒന്നും വേണ്ട നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മളെ വിളിച്ചിടത്ത് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെന്താ ഒരേ ഒരു കാര്യം അന്വേഷിച്ചാൽ മതി ഇവിടെ എന്നെ ഒരു വീട്ടിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇത്രയും കഷ്ടപ്പാടുള്ള ഒരടുത്ത് വിളിച്ചിരിക്കുന്നു ദൈവമേ ഇവിടെ അതിശ്രേഷ്ഠമായ ഒരു മാർഗ്ഗം സ്നേഹത്തിൻ്റെ ഒരു മാർഗ്ഗം എൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ കയറി വരുന്ന ഒരു ആ സമയത്ത് വരുന്ന ഒരു അതിഥിക്ക് ഒക്കെ ഒരു സ്നേഹം അത് മതി നിന്നോട് കൂടുതലൊന്നും ചോദിച്ചില്ല പക്ഷെ അവിടെ വിശ്വസ്തമായി നിൽക്കുന്നോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത് പ്രിയപ്പെട്ടവരെ അതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്നാൽ നമ്മളെ വ്യക്തിപരമായിട്ട് മാത്രമല്ലല്ലോ നമ്മളെ ഒരു സഭയെന്നുള്ള നിലയിലും വിളിച്ചിട്ടുണ്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം നമ്മൾ ഫിലിപ്പർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് നമ്മൾ സഭയെന്നുള്ള നിലയിൽ എന്താ വേണ്ടത് നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യോമണ്ണം നടപ്പി ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഫിലിപ്പർക്കെതിരെ ലേഖനം ഒന്നാമധ്യായ അതിൻ്റെ ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ വായിച്ചു പോയതാണ് അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നമ്മളെ ഒരു സഭയായിട്ട് വിളിച്ചിരിക്കുമ്പം നമ്മൾ തമ്മിലെന്ത് വേണം ഏക ആത്മാവ് വേണം ഏക മനസ്സ് വേണം ഏകലക്ഷ്യം വേണം ഏകലക്ഷ്യത്തിൻ്റെ കാര്യം അവിടെ അതായിട്ട് എടുത്തു പറയുന്നില്ല പക്ഷേ അവിടെ ആ മൊത്തം വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും മൂന്ന് കാര്യങ്ങൾ നമ്മളെ സഭയായിട്ട് വിളിച്ചിരിക്കുന്നു നമുക്ക് ഒരു മനസ്സ് ഒരു മനസ്സ് ഒരാത്മാവ് ഒരു ലക്ഷ്യം കണ്ടോ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള വിളിയാലുള്ള ആശ സഭാ ജീവിതത്തിൽ നമ്മെക്കുറിച്ചുള്ള വിളിയാലുള്ള ആശ നമ്മളെ ഒരു സഭയായിട്ട് വിളിച്ചിരിക്കും ഇവിടെ ഇപ്പോൾ എഴുപത് പേരിയ്ക്കുന്നു ഈ എഴുപത് പേരും ഇവിടെ സത്യത്തിൽ പ്രസംഗിക്കാൻ അറിയാവുന്നവരോ നല്ല പോലെ പാടാൻ അറിയാവുന്നവരോ വളരെ ചുരുക്കം കഴി ഈ വെള്ളിയാഴ്ച ഇവിടെ ഒരു രണ്ട് സ്നാനം നടന്നു അപ്പം ഞാൻ സാധാരണ നമ്മുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പാട്ടുപാടാവുന്ന ജല സഹോദരന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ വരുമല്ലോ അവരൊക്കെ പാട്ട് പാടിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു അപ്പം സൂക്ഷ്മം പോലെ അന്ന് നമ്മുടെ ചർച്ചയിൽ നിന്ന് ആളുകൾ വളരെ വളരെ കുറവായിരുന്നു രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ഏഹ് പാടാനറിയാവുന്നൊരു സഭൻ്റെ തലവട്ട ഇവിടെ കണ്ടു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം വണ്ടി കഴിഞ്ഞു ആ വണ്ടിയും കൊണ്ട് പോക്കളഞ്ഞു മീറ്റിങ്ങിൽ ഇരുന്നില്ല ചുരുക്കത്തിൽ ഇവിടെ ഇറങ്ങി നിന്നപ്പോൾ ഒരു പാട്ട് പാടണം ആര് പാടും പാടാൻ ഈ ഒരു ഒരു സഹോദരിയെ സ്നാനപ്പെടുത്താൻ അടുത്തുള്ള ഒരു സഭയിൽ നിന്ന് ഇരുപത് പേര് ഇവിടെ വന്നിരിക്കുക ഇരുപത് പേര് വന്നിരിക്കുക അവരൊക്കെ പുതുതായിട്ട് ഒക്കെ വന്നവരാണ് പാട്ടുകളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ളവർ പക്ഷേ ആ മീറ്റിങ് വളരെ അനുഗ്രഹീതമായ മീറ്റിംഗ് ആയിരുന്നു ഒരാൾ സ്നാനപ്പെടാൻ വന്നു രണ്ടു പേര് സ്നാനപ്പെട്ടേച്ചു പോയി ഏ ദൈവം കരുണ കാണിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അവസാനം പാട്ടുപാടിയപ്പോൾ ഞാൻ ആ കുളത്തിൽ നിന്ന് ഞാൻ വിഷമിച്ചു പോയി ഒരാൾ അവിടെ പാടുന്നു ഒരാളിവിടെ പാടുന്നു ട്യൂണില്ല രാഗമില്ല ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ പാട്ട് പാടാൻ അറിയാവുന്നവർ കുറവാണ് സമ്മതിച്ചു പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരു കുറവാണ് സമ്മതിച്ചു പന്ത്രണ്ട് പോയിൻ്റ് എടുത്ത് ഭംഗിയായിട്ട് അതിൻ്റെ മൂലഭാഷയിൽ എക്ലീസ്യ എന്നാണ് പറയുന്നത് എക്ലീസ്യ എന്ന് പറയുമ്പോൾ അത് സിംഗുലറിൽ ഇങ്ങനെയാണ് പ്ലൂറൽ ഇങ്ങനെയാണ് ഇങ്ങനെയൊന്നും തലനാരി കീറാൻ അറിയാവുന്നവരിവിടെ ഇല്ല കാരണം ഇവിടെ ഒരാൾ പോലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല ആ രണ്ട് സഹോദരന്മാരുണ്ട് ബൈബിൾ കോളേജിൽ പഠിച്ചു ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പുറമേ നോക്കിയാൽ ഒരു ഒരു എന്താ ഒരാകർഷണവുമുള്ള ഒരു പരിപാടിയല്ല ഇവിടെ ഈ നടക്കുന്നത് പക്ഷേ വളരെ ആകർഷണമുള്ള കൃത്യമായി എക്ലീസിയെന്നൊക്കെ പറയുകയും നല്ല പ്രസംഗം നടത്തുകയും നല്ല മനോഹരമായ പാട്ട് പാടുകയും ചെയ്യും ഈ എഴുപത് പേരും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞാലും ഒരു സഹോദരനും നാലു പേരും അവരൊരു ഒരു കൂട്ടം ഒരു ലോബി മറ്റൊരു മറ്റൊരു ലോബി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണക്കോ അസൂയിൽ ഞാനാണോ നീയാണോ വലുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പോഴ്ചയ്ക്കായിരിക്കുമോ സഭയെ വിളിച്ചേക്കുന്നത് എന്താ ഈ കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് കുടമാളൂർ പോലെ ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ വിളക്കായിട്ട് നമ്മളെ വിളിച്ചേക്കുക വിളിച്ചേക്കുമ്പം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അസൂയയും പല ഗ്രൂപ്പുകളും പോരാട്ടങ്ങളും ഒക്കെ ആണെങ്കിൽ എന്തില്ല ഏകമനസ്സില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് പാട്ട് പാടാൻ അറിയാവുന്നവർ നമ്മുടെ ഇടയിൽ കുറവാണെങ്കിൽ കുറവായിക്കോട്ടെ പ്രസംഗിക്കാനറിയാവുന്നവർ കുറവാണെങ്കിൽ കുറവായിക്കോട്ടെ എക്ലീസിയ എന്ന് പറയാനറിയാവുന്നൊരു കുറവാണെങ്കിൽ കുറവായിക്കോട്ടെ പക്ഷേ നമുക്കുള്ള സന്തോഷം എന്താ എഴുപത് പേരുണ്ടെങ്കിൽ എഴുപത് പേരും ഏകമനസ്സോടെ നിൽക്കുന്നു പൗലോസ് ആ ഒരു കാര്യമേ ആഗ്രഹിക്കുന്നു ഏകമനസ്സോടെ ഏക ആത്മാവിൽ ഒരു ലക്ഷ്യത്തോടെ ഒരു ലക്ഷ്യമെന്താ എൻ്റെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഓ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുഴ്ചയ്ക്കായിത്തീരണം ഇതൊന്ന് കാണാൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം പ്രകാശിക്കണം ഇത് നമ്മൾ ലോകത്ത് കാണുന്ന ഒരു മൂല്യബോധം കൊണ്ട് നടന്നാൽ ഇതൊക്കെയല്ല പകരം എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എൻ്റെ സഹോദരൻ എന്നുള്ള നിലയിൽ നമുക്ക് അന്യോന്യം ബഹുമാനിക്കാനും നമുക്ക് കീഴടങ്ങാനും നമ്മളെ തന്നെ നുറുങ്ങാനും മുമ്പേ കർത്താവ് കാണിച്ചു തന്ന ആ താഴ്മയുടെ വഴിയിൽ കീഴോട്ട് കീഴോട്ട് താഴേക്ക് താഴേക്ക് പോകാനും ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് നമ്മളീ വിളിച്ചെടുത്ത് നമുക്കൊരു സഭയെന്നുള്ള നിലയിൽ ഏകമനസ്സോടെ ഏക ആത്മാവോടെ ഏകലക്ഷ്യത്തോടെ നമുക്ക് നിൽക്കാനായിട്ട് കഴിയുള്ളൂ